അധ്യായം ഇരുപത്തി ഒൻപത് ഈയോബ് പിന്നെയും സുഭാഷിതം ചൊല്ലിയതെന്തെന്നാൽ അയ്യോ പണ്ടത്തെ മാസങ്ങളിലെപ്പോലെ ദൈവമെന്നെ കാത്തുപോന്ന നാളുകളിലെപ്പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്കുമീതെ പ്രകാശിച്ചു അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എന്റെ മക്കൾ എന്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എന്റെ ശുഭകാലത്തിലെപ്പോലെ ഞാനായെങ്കിൽ കൊള്ളായിരുന്നു അന്ന് ഞാൻ എന്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി പാറയെണിക്ക് തൈല നദികളെ ഒഴുക്കിത്തന്നു ഞാൻ പുറപ്പെട്ട് പട്ടണത്തിലേക്ക് പടിവാതുക്കൽ ചെന്നു വിശാല സ്ഥലത്ത് എന്റെ ഇരിപ്പിടം വയ്ക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഒളിക്കും വൃദ്ധന്മാർ എഴുന്നേറ്റു നിൽക്കും പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായ്പോത്തും ശ്രേഷ്ഠന്മാരുടെ ശബ്ദം അടങ്ങും അവരുടെ നാവ് അണ്ണാക്കോട് പറ്റും എന്റെ വാക്കുകേട്ട ചെവി എന്നെ വാഴ്ത്തും എന്നെ കണ്ട കണ്ണ് എനിക്ക് സാക്ഷ്യം നൽകും നിലവിളിച്ച എളിയവനെയും അനാഥനെയും തുണയറ്റവനെയും ഞാൻ വിടുവിച്ചു നശിക്കുമാറായവന്റെ അനുഗ്രഹം എന്റെ മേൽവന്നു വിധവയുടെ ഹൃദയത്തെ ഞാൻ സന്തോഷം കൊണ്ട് ആർക്കുമാറാക്കി ഞാൻ നീതിയെ അതെന്റെ ഉടുപ്പായിരുന്നു എന്റെ ന്യായം ഉത്തരിയവും തലപ്പാവും പോലെ ആയിരുന്നു ഞാൻ കുരുടന് കണ്ണും മുടന്തന് കാലുമായിരുന്നു ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു ഞാൻ അറിയാത്തവന്റെ വ്യവഹാരം പരിശോധിച്ചു നീതികെട്ടവന്റെ അണപ്പല്ല് ഞാൻ തകർത്തു അവന്റെ പല്ലിൻ ഇടയിൽ നിന്ന് ഇരയെ പറിച്ചെടുത്തു എന്റെ കൂട്ടിൽ ഞാൻ മരിക്കും ഹോൽപക്ഷിയെപ്പോലെ ഞാൻ ദീർഘായുസോടെ ഇരിക്കും എന്റെ വേർ വെള്ളത്തോളം പടർന്നു ചെല്ലുന്നു എന്റെ കൊമ്പിന്മേൽ മഞ്ഞ് രാപ്പാർക്കുന്നു എന്റെ മഹത്വം എന്നിൽ പച്ചയായിരിക്കുന്നു എന്റെ വില്ല് എന്റെ കയ്യിൽ പുതുകുന്നു എന്ന് ഞാൻ പറഞ്ഞു മനുഷ്യർ കാത്തിരുന്നു എന്റെ വാക്കുകൾ കേൾക്കും എന്റെ ആലോചന കേൾപ്പാൻ മിണ്ടാതിരിക്കും ഞാൻ സംസാരിച്ച ശേഷം അവർ മിണ്ടുകയില്ല എന്റെ മൊഴി അവരുടെ മേൽ ഇറ്റുറ്റുവീഴും മഴയ്ക്കെന്ന പോലെ അവർ എനിക്കായി കാത്തിരിക്കും പിൻമഴക്കെന്ന പോലെ അവർ വായ്പിളർക്കും അവർ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അവരെ നോക്കി പുഞ്ചിരിയിടും എന്റെ മുഖപ്രസാദം അവർ മങ്ങിക്കുകയുമില്ല ഞാൻ അവരുടെ വഴി തിരഞ്ഞെടുത്ത് തലവനായിട്ട് ഇരിക്കും സൈന്യസഹിതനായ राजाविने राजावेपोल दुखिद आश्वसीप्नवेपोल यास